ഞങ്ങളുടെ ദൈവങ്ങളിൽ ചിലർ താങ്കൾക്ക് ദോഷം വരുത്തി എന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ അദ്ദേഹം പറഞ്ഞു ഞാൻ അള്ളാഹു സുഹാനഹുവാലയെ സാക്ഷിയാക്കുന്നു നിങ്ങളും സാക്ഷ്യം വഹിക്കുക നിങ്ങൾ പങ്കു കാര്യങ്ങളിൽ നിന്ന് ഞാൻ മുക്തനാണ്